Om asya jagatishvara samveda samveda samveda ananyavibhamini sarva isveshana देवेभ्यो विजये देवा ते दे വിജയ േ്യോ പ്രദുർബൂ തന്നജാനതം യക്ഷതി ഭിമാനീക്ഷണവിലേ മിഥ്യേക്ഷണം ബ്രഹ്മ ദേവന്മാർക്ക് വേണ്ടി ്രഹ്മമാണ് അസുരന്മാരെ കീഴ്പ്പെടുത്തിയത് പക്ഷെ അതിൽ അവർ വെറുതെ അഭിമാനിച്ചു വിജയം തങ്ങളുടേതാണ് വ്യർത്ഥമായ അഭിമാനം വാസ്തവത്തില വിജയം അവരുടേതല്ല എങ്കിലും അവരഭിമാനിച്ചു അങ്ങനെയുള്ളവരുടെ ശ്രദ്ധ യേശാം ും മിഥ്യേക്ഷണം വിതജ്ഞ അഭിമാനത്തെ അറിഞ്ഞു വിജ്ഞാദ്രവർ ദുരഭിമാനികളായിരിക്കുകയാണ് ഇത് ഇവർക്ക് ദോഷം ചെയ്യും എന്ന് ബ്രഹ്മ പറഞ്ഞു ബ്രഹ്മ സർവാന്തരിയാമിയാണ് സർവരുടെയും അന്തരംഗത്തെ അത് അറിയുന്നുണ്ട് ദേവന്മാരുടെ ദുരഭിമാനത്തെയും അത് അറിഞ്ഞുത്രിസൂതകൃത് മിഥ്യജ്ഞാനമുപലഭ്യമേ അസുരവദേഥ്യഭിമാന പരാഭവേയുരി തദനഗയഥ്യമാന अर्थाया सो അപനോദന അനുഗഹീയം തേവ്യർ സോയോഗാത്മ്യർ അത്യഭുതന വിസ്മാനൂപേ ദ്രിഗോചരേ പ്രാദുർഭൂ ആ ബ്രഹ്മ എങ്ങനെ അറിഞ്ഞു എന്തുകൊണ്ടാണ് അറിഞ്ഞത് എന്നു സർവയിക്ഷത്രു സർവത്തെയും വീക്ഷിക്കുന്നവൻ സർവരെയും അറിയുന്നവൻ സർവഭൂത കരണപ്രയോക്തൃത്വ സർവഭൂതങ്ങളുടെയും സർവപ്രാണികളുടെയും കരണങ്ങളെ പ്രേരിപ്പിക്കുന്നവൻ മനസ്സിനെയും ബുദ്ധിയേയും ഇന്ദ്രിയങ്ങളെയെല്ലാം ചലിപ്പിക്കുന്നവൻ അതുകൊണ്ടവനെല്ലാം അറിയുന്നു ദേവന്മാരുടെ ദോഷത്തെ അവൻ അറിഞ്ഞു അതുകൊണ്ടവൻ അറിഞ്ഞു ദേവന്മാരുടെ ഈ മിഥ്യാഭിമാനത്തെ അസുരവദ്വ മിഥ്യാഭിമാന പരാഭവേയു അസുരവത്ത് അസുരന്മാർക്ക് സംഭവിച്ചതുപോലെ ദേവന്മാരും മിഥ്യാഭിമാനം കൊണ്ട് പരാജിതരാകരുത് മെയ്വ അങ്ങനെ സംഭവിക്കരുത് എന്ന് കരുതി എന്നാണ് അസുരന്മാരെന്തുകൊണ്ട് ദേവന്മാർക്ക് മുമ്പിൽ പരാജയപ്പെട്ടു അവരുടെ മിഥ്യാഭിമാനം വെച്ചാൽ അവരുടെ അഹന്ത അതിനെ തുടർന്നുവരുന്ന മമത തുടങ്ങിയ ദോഷങ്ങളെ കൊണ്ടാണ് ോഷങ്ങൾ വർദ്ധിച്ചപ്പോൾ അത് പരാജയപ്പെട്ടു ആസുരസമ്പത്ത് ദൈവീ സമ്പത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു പോകും അത് എത്ര വർദ്ധിച്ചാലും ഒടുവിൽ ആ ദൈവീസമ്പത്തിന് കീഴടങ്ങി മതിയാവും അത് സംഭവിച്ചു പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാണോ ആസുരീ സമ്പത്ത് നശിക്കുന്നത് മ്പത്ത് നശിക്കാൻ പാടില്ല ദൈവീസമ്പത്ത് നശിക്കുന്നതിന് ദൈവം അനുവദിക്കട്ട ദേവന് അനുവദിക്കില്ല ദേവ അസുരവത് ദേവന്മാരും ഈ അസുരന്മാരെ പോലെ നശിക്കരുത് തത് അനുകമ്പയ അവരോടുള്ള കൊണ്ട് ആ ദേവീസമ്പത്ത് നിലനിൽക്കണം ആ ദേവീ സമ്പത്താണോ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് സഹായിക്കുന്നത് അതിനെ കീഴ്പ്പെടുത്താനാണ് എപ്പോഴും ആസുരീ സമ്പത്ത് ശ്രമിക്കുന്നത് പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ ദേവീ സമ്പത്തിന് ആസുരീ സമ്പത്തിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു തിരിച്ച് വീണ്ടും ആസുരഭാവങ്ങൾ ആ ദേവീ സമ്പത്തിൽ വന്നു അതും നശിക്കും അത് വരാൻ പാടില്ല അതുവരെ ചെയ്തതെല്ലാം വ്രഥമാകും അതുകൊണ്ട് തത് അനുകമ്പ കൊണ്ട് ദേവാൻ മിഥ്യ അഭിമാന അപനോദനേന അനുഗ്രഹീയാം ദേവന്മാരെ ആ മിഥ്യ അഭിമാനത്തെ അപനോദനേന അതിനെ നീക്കിക്കൊണ്ട് നശിപ്പിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് അനുഗ്രഹീയ അനുഗ്രഹിക്കാം അസുരന്മാരെയും അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നു അസുരന്മാരെ അവരുടെ മിഥ്യാഭിമാനത്തെ നശിപ്പിച്ചുകൊണ്ട് അതാണ് അസുരന്മാരുടെ നാശം അതാണ് അസുരന്റെ അസുരഭാവം തന്നെ മിഥ്യാഭിമാനമാണ് ആസുരഭാവം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അസുരനില്ല ഈശ്വരന് പക്ഷപാതമൊന്നുമല്ല അസുരന്മാരെ നിഗ്രഹിക്കുക ദേവന്മാരെ സംരക്ഷിക്കുക അങ്ങനെയില്ല ആസുരഭാവം കൂടുമ്പോ ആസുരഭാവത്തെ എല്ലായ്മ ചെയ്യുന്നു ദേവീ സമ്പത്തുമുണ്ട് ആസുരഭാവത്തെയാണ് എല്ലായ്മ ചെയ്യുന്നത് അസന്തയും മമതയും അസുരഭാവത്തെ എല്ലായ്മ ചെയ്താൽ പിന്നെ അസുരനില്ല അതാണ് അസുരന്മാരുടെ നിഗ്രഹം അതിനുപയോഗിച്ചതാരെ ആ ദേവീസമ്പത്തിന് പക്ഷെ അതിലും വരാം കടന്നു വരാൻ വീണ്ടും നശിച്ചുപോയ ആസുരഭാവങ്ങൾ കടന്നു വരാം വന്നു കഴിഞ്ഞാൽ അവിടെയും ആ നിഗ്രഹം അതാണ് അപനോദനേന എവിടെയായാലും ആസുരഭാവത്തെ നിഗ്രഹിക്കുക അതെവിടെ വന്നാലും എന്ത് ചെയ്തു ആ മിഥ്യാഭിമാനമാകുന്ന ആസുരഭാവമാണ് അവിടെ വന്നത് അത് വർദ്ധിച്ച് വർദ്ധിച്ച് അതിൽ അനേക ദോഷങ്ങൾ കൂടുമ്പോഴാണ് അവിടെ അതിനാസുരഭാവം എന്ന് പറയുന്നത് ഇവിടെ ദേവന്മാരിൽ കേവലം ശേഷിച്ചത് എന്താണ് ആ മിഥ്യാഭിമാനമാകുന്ന ദോഷം അതിനെ നശിപ്പിച്ച് ആസുരഭാവങ്ങളെല്ലാം നശിപ്പിച്ച് അസുരന്മാരെ അനുഗ്രഹിക്കുകയാണ് അതുപോലെ ഈ അഭിമാന രൂപത്തിലുള്ള ദോഷത്തെ അപനോദനേന അതിനെ ഇല്ലാതാക്കി നശിപ്പിച്ചുകൊണ്ട് ആ ദേവന്മാരെ അനുഗ്രഹിക്കാം എന്ന് കരുതി അർത്ഥായ അവർക്ക് വേണ്ടി പ്രാദുർഭുവാ ബ്രഹ്മം പ്രാദുർഭവിച്ചു പ്രകടമായി എങ്ങനെ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം എങ്ങനെ പ്രകടമാകും നിർഗുണമായ ബ്രഹ്മം പ്രകടമായി എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ താല്പര്യം പറയുന്നു സ്വയോഗ്യ നിർമ്മിതേന അത്യദ്ഭുതേന വിസ്മാപനീയന രൂപേണ സ്വയോഗ്യ ബ്രഹ്മം അനന്തശക്തികളോടുകൂടിയതാണ് അതുകൊണ്ടാണ് അതിന് അനന്ത കല്യാണ ഗുണനിധി എന്ന് പറയും അതാണ് സ്വയോഗം മഹാത്മ്യം സ്വയോഗം സ്വൈശ്വര്യം അതിൻ്റെ മഹാത്മ്യം അതിന്റെ മഹത്വം കൊണ്ട് ബ്രഹ്മം നിർഗുണമാണെങ്കിലും അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആ നിർഗുണമായിരിക്കുന്നത് തന്നെയാണ് സ്വഗുണമായി വിധിക്കുന്നത് അതാണ് അതിൻ്റെ യോഗ മഹാത്മ്യം ഒരേ സമയം തന്നെ നിർഗുണമായും സഗുണമായും ഇരിക്കാൻ കഴിയും അതുകൊണ്ട് എന്ത് ചെയ്തു ആ യോഗം മഹാത്മ്യം കൊണ്ട് നിർമ്മിതമായ അത്യദ്ഭുതേന അത്യദ്ഭുതമായ വിസ്മാപനീയേന വിസ്മയിക്കത്തക്കതായ രൂപേണ ദേവന്മാരാശ്ചര്യപ്പെടുത്തുന്ന ഒരു രൂപം ദേവാനാം ഇന്ദ്രിയ ഗോചരോ പ്രാദർഭൂ ദിവ്യമായ രൂപം പ്രകടമായി ഇന്ദ്രിയഗോചരമായി എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ പ്രകടമായി പക്ഷെ അവർക്കത് ബ്രഹ്മമാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല തസ്മാർഭൂതം ബ്രഹ്മ തന്നെയോ വിധാനവന്തോ വിജ്ഞാനവന്ധുദേവ ആ ദേവന്മാർക്കത് അറിയാൻ കഴിഞ്ഞ അവരുടെ മുമ്പിൽ യോഗഐശ്വര്യത്തോടുകൂടി പ്രകടമായിട്ടും അവർക്കതറിയാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജീവി എന്നുമല്ല പൂജ്യം എന്നുള്ളതിനാണ് യക്ഷം എന്ന് പറയുന്നത് എന്താണ് ഈ പൂജ്യമായിരിക്കുന്നത് പൂജനീയമായിരിക്കുന്നത് അവർക്ക് മനസ്സിലായത് ദിവ്യമാണ് പൂജ്യമാണ് ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലായി മഹദ്ഭൂതം മഹത്തായ രൂപം മഹത്തായ തത്വം മനസ്സിലായി യോഗ ഐശ്വര്യങ്ങളോടുകൂടി പൂജനീയമായ ആരാധ്യമായ ഒന്നവരുടെ മുമ്പിൽ പ്രകടമായി ഒരു രൂപം അവർക്കത് മനസ്സിലായിത് പൂജനീയവും ആരാധ്യവുമാണ് എന്ന് മനസ്സിലായി ദേവന്മാർക്കെല്ലാം മനസ്സിലായി പക്ഷെ അതെന്താണോ വിശേഷിച്ചറിഞ്ഞ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലായി എന്താണോ അവരെങ്ങനെ അറിഞ്ഞില്ല ഇത് സർവാന്തരിയാമിയായിരിക്കുന്ന ഈശ്വരനാണെന്നവരറിഞ്ഞില്ല പക്ഷേ എന്തോ മഹത്വമുള്ളതാണ് പൂജനീയമാണ് ദിവ്യമാണ് ഇങ്ങനെ അവരറിഞ്ഞു ഈശ്വരനെ കുറിച്ചുള്ള സാമാന്യമായ അറിവ് സർവ്വസാധാരണമായിരിക്കുന്ന അറിവ് എന്താണ് ഈശ്വരൻ ശ്രേഷ്ഠനാണ് പൂജ്യനാണ് ദിവ്യമാണെന്നെല്ലാം അറിയുന്നു പക്ഷെ അതിനെ സർവാന്തരിയാമിയായി അറിയുന്നില്ല ആ വ്യത്യാസമാണ് ഇവിടെ ദേവന്മാരുടെ സംഭവിച്ചത് അതുകൊണ്ടാണ് പൂജനീയൻ എന്നുള്ള അർത്ഥത്തിനാണ് അല്ലാതെ യക്ഷൻ എന്നും മനസ്സിൽ തോന്നുമ്പോൾ എന്തോ യക്ഷിയുടെ ആൺമർഗമാണ് യക്ഷൻ അങ്ങനെയല്ല ദിവ്യമായ പൂജനീയമായ ഭാവം തത്വം എന്നുള്ള രീതിയിൽ ൂബ്രേതീത േവാദർഭയാജിജ്ഞാസ്രഗാമിം ജാതവേദസം സർവജ്ഞകല്പം അബ്രുവൻ ഉവന്തോ ഹേ ജാതവേദ ഏതോചരസ്ഥംയ വിജാനീ വിശേഷ ബുദ്ധ്യസ്വ േജസ്സി ദേവന്മാരെല്ലാവരും കൂടി ദേവന്മാർക്കെല്ലാം മനസ്സിലായി ഇതാവൂജനീയമായൊരു ഒന്ന് ഇവിടെ പ്രകടമായിരിക്കുകയാണ് പക്ഷെ അവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്താണിത് ദേവഹ സാന്ദർഭയാ അവരുടെ ഉള്ളിൽ ഭയമുണ്ടായി വിശേഷിച്ച് ദിവ്യമായ എന്തോ ഒന്നിന്റെ സാന്നിധ്യം അവർ ഭയത്തെ ഉണ്ടാക്കി എന്തുകൊണ്ട് അതിനറിയാൻ കഴിയുന്നില്ല എന്നാൽ അത് മഹത്വമാണ് മഹത്വമുള്ളതാണ് അതുകൊണ്ട് തന്നെ തത് വിജിജ്ഞാസവഹ അതിനെക്കുറിച്ച് വിശേഷിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ടായി എന്താണിത് അതുകൊണ്ട് അവരിൽ അഗ്രിമം അഗ്രഗാമിണം അവരിൽ അഗ്രിമനായിരിക്കുന്നവൻ അഗ്രഗാമിയായിരിക്കുന്നവൻ എന്തിനും മുന്നേ പോകുന്നു ഏതു കാര്യത്തിനും ഏറ്റവും മുമ്പിൽ നടക്കുന്നവൻ അവരുടെ എല്ലാം നേതാവായിരിക്കുന്നവൻ സർവജ്ഞകൽപ്പം ജാതമായ സർവത്തെയും ഭേദിക്കുന്നവൻ അറിയുന്നവൻ ജാതവേദസ്സം അവനൊരു സർവജ്ഞന പോലെയാണ് അതാണ് സർവജ്ഞകല്പം സർവജ്ഞത പൂർണ്ണമല്ല എന്തുകൊണ്ട് ആ സർവജ്ഞത ഈശ്വരനു മാത്രമേ ഉള്ളൂ എന്നാലും ഒരു ചെറിയ സർവജ്ഞനാണ് അതുകൊണ്ട് സർവജ്ഞ കല്പം അബ്രുവൻ എന്നോട് പറഞ്ഞു അസ്മത് ഗോചരസ്ഥം യക്ഷം നമ്മുടെ മുമ്പിലൊരു യക്ഷൻ പ്രകടമായിട്ടുണ്ട് ി നീ പോയി അത് അറിഞ്ഞു വരിക വിശേഷതോ ബുദ്ധിമോ ഞങ്ങളെല്ലാവരും അറിയുന്നുണ്ട് പക്ഷെ ആരും വിശേഷിച്ചറിയുന്നില്ല എന്താണ് അതിൻ്റെ മഹിമാതറിയുന്നില്ല എന്നാലത് എന്തോ വിശിഷ്ടമാണെന്നും അറിയാം നീ പോകാൻ എന്തുകൊണ്ടാണ് നീ പോവേണ്ടത് തേജസ്സി നീയാണ് ഞങ്ങളിൽ വെച്ച് പ്രാഗൽഭ്യമുള്ളവൻ പല പല കഴിവുകളുമുള്ളവൻ നീയാണ് ഞങ്ങളുടെ എല്ലാം നേതാവ് ഇതേതാണ് യക്ഷം എന്ന് അഗ്നിയോട് പറഞ്ഞു തഥുതി തഥേരി ഇത് കേൾക്കേണ്ട താമസം അഗ്നി പറഞ്ഞു കാരണം എല്ലാ പേരും തന്നെ നേതാവായി അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ആ സന്തോഷത്തിലും അഭിമാനത്തിനും അഗ്നി പറഞ്ഞു തഥാസു ശരിയായിക്കോട്ടെ നിങ്ങളെല്ലാവരും പറഞ്ഞ് സ്ഥിതിക്ക് ഞാനത് അന്വേഷിച്ചിട്ട് തന്ന കാര്യം അഗ്നി പറഞ്ഞു പറഞ്ഞിട്ടോ തത് യക്ഷം അഭ്യദ്രവ് പിന്നെ അത് അഗ്നി ഒട്ടും തന്നെ താമസിച്ചില്ല കാരണം ഇത്രയും പേര് ഒരുമിച്ച് തന്നോട് പ്രാർത്ഥിക്കുമ്പോൾ അഗ്നിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന അഭിമാനം ഒന്നുകൂടി കൂടി താൻ മോശക്കാരനല്ല ഇവർ ഇത്രയും പേര് എന്നെ നേതാവായി അംഗീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒട്ടും വൈകാതെ തദ്യക്ഷം അഭ്യദ്രപദ് ആ നേരെ ഓടി നേരിട്ട് പോയി അടുത്തുപോയി അതിനെ മനസിലാക്കാം അറിയാം വേണ്ടി വന്നാൽ പിടിച്ചു കെട്ടി ഇവർ കൊണ്ട് കൊടുക്കുകയും ചെയ്യാം അന്ന് നേരെ ഓടി അഭിമുഖമായി ഓടി പ്രതിഗതവാൻ ആ യക്ഷൻറെ നേരെ അഗ്നി എന്നിട്ട് എന്തായി തം ക്ഷം തത്സമീപേ അപ്രഗത്ഭത്വ തൂഷ്ണീഭൂതം വളരെ ആവേശത്തോടുകൂടി ഇത്രയും പേര് നേതാവായി സ്വീകരിച്ച് ഒരു വലിയ കാര്യത്തിന് വേണ്ടി നിയോഗിച്ചപ്പോൾ അതിൻ്റെ അഭിമാനത്തോടുകൂടി കൂടി ഓടിയപ്പോൾ മനസ്സിൽ കരി എന്താണ് പിപ്രക്ഷിഷം ഇയാളോട് പലതും ചോദിക്കണം താൻ ആരാണ് എൻ്റെ പേരെന്താണ് തൊഴിലെന്താണ് വീട് എവിടെയാണ് കുടുംബത്തിലാരൊക്കെയുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കണമെന്ന് മനസ്സില് കരിയാണ് ഓടിയത് വിപ്രക്ഷിഷും പലതും ചോദിക്കാൻ ആഗ്രഹിച്ചു കൊണ്ട് കാരണം പോയി കണ്ടു മനസ്സിലാക്കി എൻ്റെ കൂടെയുള്ളവരെ ബോധിപ്പിക്കണം പക്ഷേ ത സമീപയിൽ അടുക്കുംതോറും ഒരു സംഭ്രമം എൻ്റെ അടുത്തെത്തിയപ്പോഴോ അപ്രഗൽഭത്വ തന്റെ എല്ലാ പ്രാഗൽഭ്യവും നഷ്ടപ്പെട്ടുപോയി ഒന്ന് ചോദിക്കാനും കഴിയുന്നില്ല നേരെ നോക്കുന്നതിനു പോലും കഴിയുന്നില്ല തന്നിലുണ്ടായിരുന്ന എല്ലാ സാമർഥ്യവും ചോർന്നു പോയി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ആ യക്ഷന്റെ മഹാത്മ്യം കൊണ്ട് യക്ഷൻ്റെ മഹത്വം കൊണ്ട് അടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മളേതെങ്കിലും വലിയ ആൾക്കാരുടെയൊക്കെ അടുത്ത് പോകുമ്പോൾ അറിയാതെ ഉള്ളിലൊരു സംഭവം വരും അവരെങ്ങനെ സമീപിക്കും എങ്ങനെ സംസാരിക്കും അവരെങ്ങനെ പ്രതികരിക്കും മനസ്സിൽ ഒരുപാട് ഭയാശങ്കകളുണ്ടാകും ഇന്റർവ്യൂവിനും മറ്റും പോകുന്ന പോലെ അതുപോലെ ഒരു ആശയക്കുഴപ്പം വന്നു തദ്സമീപേ അടുത്ത് ചെന്നു കഴിഞ്ഞപ്പോൾ അപ്രഗൽഭ സർവപ്രാഗൽഭം നഷ്ടപ്പെട്ടു സർവ എന്ത ഉള്ളിൽ തോന്നി താൻ വിചാരിക്കുന്നത് പോലെ അത്ര നിസാരമായി കൈകാര്യം ചെയ്യാൻ പറ്റിയോന്നല്ല അങ്ങനെ തന്റെ സാമർഥ്യമെല്ലാം നഷ്ടപ്പെട്ട് തൂഷ്ണീംഭൂതം ഒന്നും ഉണ്ടാൻ കഴിഞ്ഞില്ല നാവ് ഇറങ്ങിപ്പോയി തൂഷ്ണീംഭൂതം ചോദിക്കാൻ ഉദ്ദേശിച്ചെല്ലാം മറന്നുപോയി തദ് അഭ്യദ്രവ്നി പ്രത്യഭാഷത കോസിരി അവിടെ ചെന്ന് മിണ്ടാകുന്നു ഇത്ര ആവേശത്തിൽ പോയ ആള് മിണ്ടാകുന്നു അത് മനഃപൂർവ്വം എല്ലാം മിണ്ടാൻ കഴിയാത്തതു അങ്ങനെ നിൽക്കുന്ന കണ്ട് യക്ഷന് ഒരു കനിവി തോന്നി ദേവി തോന്നി ഇയാൾ വലിയ ആവേശത്തിൽ വന്നു ഇവിടെ വന്ന് മിണ്ടാതെ നിൽക്കുന്നു നാവ് പൊങ്ങുന്നില്ല അതുകൊണ്ട് തിരിച്ചു ചോദിച്ചു അഗ്നിം പ്രത്യഭാഷത തിരിച്ച് അഗ്നിയോട് ചോദിച്ചു യക്ഷൻ ചോദിച്ചു കോ സി നീ കൂടി വന്നിട്ട് ഒന്നും മിണ്ടാതെ ഇവിടെ നിൽക്കുന്ന എന്താ കാര്യം അത് ചോദിച്ചപ്പോഴാണ് അഗ്നിക്കൊരു പരിസര ബോധം വന്നത് ഇപ്പോൾ താൻ എന്തിനാ വന്നത് തിരിച്ചിരി ചോദിക്കാനോ ഉണ്ടോ കോവൻ ഇയാൾ ആരാണെന്ന് ചോദിക്കാനോ വന്നത് ഇപ്പൊ അയാൾ തിരിച്ച് ചോദിച്ചിരിക്കുന്നു നീ ആരാണോ ഇവൻ ബ്രഹ്മണാപ്രോ ബ്രഹ്മിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അഗ്നി അദ്രവീ അഗ്നിക്ക് പരിസരബോധമുണ്ടായി തന്റെ സാമർഥ്യമൊക്കെ തിരിച്ചകുത്തി ഭയൊന്നും മാറി തന്നെ സ്വയം പരിചയപ്പെടുത്തി അങ്ങോട്ട് പരിചയപ്പെടാൻ പോയ ആളാണ് സ്വയം പരിചയപ്പെടുത്തേണ്ടി വന്നു അഗ്നിർവാഹ അഗ്നി നാമാഹം പ്രസിദ്ധ എന്നെ അറിയില്ല ഞാനാണ് അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ പോരാ അഗ്നി എന്നുള്ള പേരിൽ ലോകപ്രസിദ്ധനായിരിക്കുന്നവനാണ് ഇനി അത്രയും പോരെങ്കിൽ എന്നെ പല പേരുകളിലും അറിയപ്പെടും ജാതവേദ ജാതമായ സർവത്തെയും അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അറിയാൻ വന്നവനാണ് എല്ലാത്തിനെയും അറിഞ്ഞിരിക്കുന്നവനാണ് ഇനി തന്നെ കൂടി അറിഞ്ഞാൽ മതി അതുകൊണ്ട് എനിക്കറിഞ്ഞേ മതിയാവും ജാതവേദ ഇതി നാമദ്വയന പ്രസിദ്ധതയ ആത്മാനുശ്ലാഖയൻ തന്നെ തന്നെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് പൂഴ്ത്തി പൂഴ്ത്താൻ വേണ്ടി പ്രത്യേകിച്ചെന്നുള്ള ഈ രണ്ട് പേര് പറഞ്ഞതേയുള്ളൂ അഗ്നി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും ഇനി ജാതവേദസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് മഹത്വമാണ് അങ്ങനെ ആ പേരുകളിൽ പറഞ്ഞുകൊണ്ട് തന്നെ ശ്ലാഘിച്ചുകൊണ്ട് സ്വയം പ്രകീർത്തിച്ചുകൊണ്ട് അഗ്നി തന്നെ വെളിപ്പെടുത്തി ഇറ്റവും ഇങ്ങനെയെല്ലാം തന്നെ പ്രശംസിക്കുന്ന വാക്കുകളിലൂടെ മറുപടി പറഞ്ഞപ്പോൾ ബ്രഹ്മാവോചത്തിന് മനസ്സിലായി ഇവന്റെ അഭിമാനം കുറച്ച് കടുത്തതാണ് അഭിമാനത്തിൽ നിന്നുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത് തസ്മിൻ്റെയും പ്രസിദ്ധ ഗുണനാമവതി നീ പറയുന്ന കേട്ടപ്പോൾ നീ ഒരു മഹാനാണെന്ന് മനസ്സിലായി പ്രസിദ്ധമായ ഗുണനാമം ഉള്ളവനാണ് നിന്റെ പ്രസിദ്ധമായ ഗുണങ്ങളെ അഗ്രഗാമിത്വം എല്ലാവരുടെയും നേതാവായിരിക്കുക എന്തിനും മുന്നോട്ട് പോവുക എന്നെ എന്തിനെയും അറിയുക ഇങ്ങനെയുള്ള ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന പേരോടുകൂടിയവനാണ് ആ പേരുച്ചരിച്ചുകൊണ്ട് നീ നിൻ്റെ എല്ലാ മഹത്വത്തെയും വെളിപ്പെടുത്തി നിന്നിൽ പല ശക്തി വിശേഷങ്ങളുമുണ്ട് എന്നാണ് ഇപ്പോൾ നീ അവകാശപ്പെടുന്നത് ശരി തൊയ് വീര്യം സാമർഥ്യം ക്കും നിന്നിലിരിക്കുന്ന നീ അഭിമാനിക്കുന്ന ഈ സാമർഥ്യം വീര്യം ശേഷി അതെന്താണോ സ്വബ്രവീതം ജഗത് സർവം ദഹേയം ഭസ്മീകുരിയാം പറഞ്ഞു അതാണോ ഈ കാണുന്ന ജഗത്ത് സർവവും ഈ പ്രപഞ്ചത്തെ ആകമാനം ദഹേയം ഭസ്മീകുരിയാൻ ഭസമാക്കിക്കളയും അതൊരു ചെറിയ ശക്തിയല്ല ചെറിയ സാമർഥ്യമുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തിനെങ്കിലും ദഹിപ്പിക്കുമെന്നല്ല പറഞ്ഞത് ഈ പ്രപഞ്ചത്തെ തന്നെ ഞാൻ ദഹിപ്പിക്കും അഗ്നിക്ക് അതിന് സാമർഥ്യമുണ്ടല്ലോ അഗ്നി അങ്ങനെ ദഹിപ്പിക്കാം ഭസ്മി കുര്യാം സ്ഥാപരാദി പൃഥിവ്യാം സ്ഥാവരാതി പൃഥിവിയിൽ ഈ ലോകത്ത് ഇവിടെ എന്തെല്ലാം ഉണ്ടോ സർവ്വവും ഞാൻ ദഹിപ്പിക്കും പൃഥിറ്റ് ഫലക്ഷണാർത്ഥ പൃഥിവിന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേവലം ഈ മണ്ണെന്നുള്ള അർത്ഥത്തിലല്ല എതോ അന്തരീക്ഷസ്ഥി ദഹ്യത്തെ ഏവാക്യ ഈ ഭൂമിയിലും ആകാശത്തും എവിടെ എവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ദഹിപ്പിക്കും വേണ്ടി വന്നാൽ ഈ അന്തരീക്ഷത്തിലുള്ളതിനെയല്ല അന്തരീക്ഷത്തിനെയും ദഹിപ്പിക്കും തസ്മൈവം അഭിമാനപതേ ബ്രഹ്മൃണം നിദധോ ഗുരു അഗ്നേഹി സ്ഥാപിതവ ശരി അത്രയും സാമർഥ്യം നീ സമൃദ്ധം തന്നെ നിന്റെ സാമർഥ്യം എനിക്കൊന്ന് കാണണം തസ്മീയവും അഭിമാനവത്തെ ഇത്രയും അഭിമാനമുള്ള ആ ദേവനായി ബ്രഹ്മ തൃണംനിധത്വവും പുൽക്കൊടിയെ മുന്നിലേക്ക് നീക്കി വെച്ച് കുരു അഗ്നേഹി അഗ്നിടെ മുമ്പിൽ സ്ഥാപിതവർ ബ്രഹ്മാ ലോകം മുഴുവനൊന്നും ദഹിപ്പിക്കണ്ട അന്തരീക്ഷത്തിലുള്ളതിനേയും ദഹിപ്പിക്കണ്ട തത്കാലം നിൻ്റെ സാമൃഥ്യം എനിക്കൊന്ന് കാണണം ഈ പുൽക്കൊടി ഒരു ഉണങ്ങിയ പുൽക്കൊടിയാണ് പച്ചേൽ ബ്രഹ്മ ഏത് തൃണം മാത്രം നമ അഗ്രതോ ദഹ എന്റെ മുമ്പിൽ നിന്നിട്ട് ഇതായി ഇരിക്കുന്ന ഈ ഉണക്ക പുല്ല് ഒരു ചെറിയ പ്രശ്നം അത് മാത്രം മതി തിന്ന മാത്രം മമാഗ്രഹോ ദഹ ഇവിടെ നിന്ന് ഇപ്പൊ ദഹിപ്പിക്കണം ഇത് വീട്ടിൽ പോയിട്ട് അവിടെ വെച്ച് ദഹിപ്പിച്ച പോരാ മമാഗ്രഹോ പറയുന്നു എന്റെ മുമ്പിൽ തന്നെ എന്നെ ദഹിപ്പിക്കണം ഇപ്പോ ഈ നിമിഷം ഒന്ന് ശ്രമിച്ചു നോക്കൂ നച്ചേതസ്യ ദഗ്ധം സമർത്ഥോ ഇത് ദഹിപ്പിക്കുന്നതിന് നിനക്ക് കഴിയില്ല എങ്കിൽ അത് മനസ്സിൽ കണ്ടുകൊണ്ടാ പറയുന്നത് മുൻച ദൃത്വ അഭിമാനം യും ദിക്കുന്നുള്ള അഭിമാനം ഉണ്ടെന്ന് ഭൂമിയെയും അന്തരീക്ഷത്തെയും എല്ലാം ദയിപ്പിക്കുന്നുള്ളഭിമാനം അത് വിട്ടയ്ക്കുക ഇതിനു കഴിയില്ല എങ്കിൽ ഇതി ഉക്ത ഇത് പറഞ്ഞു കേട്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു തത്രിണം ഉപപ്രിയായ മുമ്പ് തന്നെ വളരെ വേഗത്തിലോടിയാവുന്നത് യക്ഷണം മനസ്സിലാക്കാൻ വന്നപ്പോഴോ യക്ഷൻ തന്നെ പരിഹസിക്കുകയാണ് ജാതവേദസായിരിക്കുന്നത് തന്നെ പരിഹരിക്കാൻ വേണ്ടി ഒരു ചെറിയ പുൽക്കുടിയെ ദഹിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് അപ്പോ മുമ്പ് വന്നതിനും വേഗത്തിൽ ഉപപ്രിയായ തന്നെ സമീപം ഗതവാൻ സർവജവ്യേന സർവോത്സാഹകൃതേന വേഗേന എന്നാൽ ഇതൊരു വെല്ലുവിളി തന്നെയെന്ന് സ്വീകരിച്ചുകൊണ്ട് സർവോത്സാഹത്തോടും കൂടിയും സാധാരണ അഗ്നിക്ക് ദഹിപ്പിക്കുന്നതിനുള്ള ഉത്സാഹം ആ സാമർഥ്യം അത് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് തന്റെ സർവ്വ സാമർഥ്യത്തെയും പുറത്തെടുത്തുകൊണ്ട് വേഗേന കത്തുക ഇതൊരു വളരെ നിസ്സാരമായ കാര്യ എന്ന് കരുതി അതിനെ ദഹിപ്പിക്കാൻ ശ്രമിച്ചു ഇന്ന ശെസ് ആക്ക നാശകദ്ഗ്ധം പക്ഷെ അത് ദഹിച്ചില്ല അഗ്നിയുടെ സർവദാഹകശക്തിയും പുറത്തെടുത്തു പക്ഷെ ആ പുല്ലിൽ ഒന്നും സംഭവിക്കുന്നില്ല നാശകദഗ്ധം സജ്ജാതവേദ തൃണദഗ്ധം അശക്തോ എത്ര ശ്രമിച്ചിട്ടും യക്ഷന്റെ മുമ്പില് തൃണത്തെ ദഹിപ്പിക്കാൻ കഴിയുന്നില്ല സർവശക്തിയും എടുത്തു സർവോത്സാഹവും എടുത്തു അത് കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിനെന്തോ കുഴപ്പമുണ്ട് തന്റെ സാമർഥ്യം നാം നശിക്കുന്നു അതിന്റെ അജ്ജിതനായി ഹതപ്രതിജ്ഞ ഹതപ്രതിജ്ഞനായി എന്താണ് പറഞ്ഞത് ദഹേയം ഇവിടെ എന്തുണ്ടോ അതെന്നെ ദഹിപ്പിക്കും എന്ന് താൻ പറഞ്ഞതിനെ പിൻവലിക്കേണ്ടി വന്നു അന്ന് തൻ്റെ വാക്കിൽ നിന്ന് തന്നെ പിന്മാറി യക്ഷദേവ തൂഷണിയും ദേവാൻ പ്രതി എന്നിവ പ്രതി വന്നതുപോലെ തന്നെ മിണ്ടാതെ വന്ന സ്ഥലത്തേക്ക് തിരിച്ചുപോയി ദേവൻ പ്രതി ദേവന്മാർ ദൂരെ നിന്ന് കാണുകയാണ് ആകെ നാണക്കേടായി ഒന്നും സംസാരിക്കാനില്ല ഇത് താൻ ഫലിക്കുന്നില്ല സർവത്തെയും ദയിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് മടങ്ങിപ്പോവുകയല്ലാതെ വേറെ ഒരു വഴി ലജ്ജിതനായോണ്ട് മറ്റുള്ളവർ കാണാനാണ് തനിക്ക് ക്ഷീണം സംഭവിച്ചത് മറ്റ് ദേവന്മാര് നിവൃതി നിവൃത്ത പ്രതികതവാൻ ഒരു കാര്യം മനസ്സിലായെന്താണ് എന്നാ ഏതത് യക്ഷം ശക്തവാനഹം വിജ്ഞാനം സാധ്യമല്ല ഈ യക്ഷൻ ആരാണെന്ന് മനസ്സിലാക്കുക സാധ്യമല്ല എന്തുകൊണ്ട് ആദ്യം ആ യക്ഷൻ മുമ്പിൽ വെച്ച തിരുണ്ണത്തെ ദഹിപ്പിക്കണമായിരുന്നു അത് ദഹിപ്പിച്ചെങ്കിൽ ശരി ഇനി അടുത്ത് ചോദിക്കുക യക്ഷനോട് താങ്കൾ ആരാണ് അതിനെ കഴിയുന്നില്ല പിന്നെ എങ്ങനെ യക്ഷനെ അടുക്കും യക്ഷന്റെ ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി യക്ഷനെ അടുക്കാനും യക്ഷനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് വിശേഷങ്ങൾ അറിയാനും എങ്ങനെയാ യക്ഷൻ തന്നെ പരാജയപ്പെടുത്തി സർവത്തെയും ദഹിപ്പിക്കുന്നവനാണെന്ന് പറഞ്ഞു ഇവിടെ അതിന് തനിക്ക് ശേഷിയില്ല എന്ന് മനസ്സിലായി വിജ്ഞാതം വിശേഷത ഇതേതക്ഷങ്ങൾ അതുകൊണ്ട് ഇനി വിശേഷിച്ചൊന്നും ചോദിച്ചറിയാനും കഴിയില്ല ഈ യക്ഷന് അടുക്കാൻ കഴിയാത്തവനാണ് എന്ന് ബോധ്യപ്പെട്ട് നേരെ പിന്തിരിഞ്ഞു പോയി എന്നാണ് അഗ്നിദേവനെ ദേവന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന അഗ്നിദേവനെ യക്ഷൻ പരീക്ഷിച്ചു അതിൽ പരാജയപ്പെട്ടു യക്ഷനെ ദേവൻ അറിഞ്ഞില്ല ലജ്ജിതനായി പിന്തിരിഞ്ഞു എന്നാണ് വ്യാഖ്യാഗ് പറയുന്നത് അതെന്താണോ ദേവന്മാരുടെ ദുരഭിമാനത്തെ ബ്രഹ്മം സ്വയം തന്നെ പ്രത്യക്ഷനായി നശിപ്പിച്ചു നമ്മൾ ഇവിടെ ദേവനായി പ്രത്യക്ഷപ്പെടുന്ന ആരാണ് അഗ്നി അഗ്നിയുടെ വിശേഷത എന്താണോ ഇവിടെ പറഞ്ഞു എന്താണ് അഗ്നി അഗ്നിക്ക് നിഖണ്ഡുവിൽ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനമാണ് അഗ്രഗാമി മുംബൈ നടക്കുന്നവൻ എവിടെയും മുന്നേ പോകുന്നവൻ പിന്നെ മറ്റൊന്നു ജാതവേദസം സർവത്തെയും അറിയുന്നവൻ അപ്പൊ അഗ്നി എങ്ങനെയാണ് സർവത്തെ അറിയുന്നത് അഗ്നി എങ്ങനെയാണ് മുമ്പേ നടക്കുന്നത് അഗ്നി എന്ന് പറയുന്നത് അഗ്നിദേവൻ അഗ്നി പ്രകാശിക്കുന്നവൻ അഗ്നിപ്രകാശസ്വരൂപനാണ് അഗ്നി എന്ന് പറയുന്നത് ഇവിടെ പ്രതീകമായി പറഞ്ഞിരിക്കുകയാണ് അഗ്നി സാധാരണമായി പറയുന്നത് ബുദ്ധിയുടെ പ്രതീകമായിട്ടാണ് ഇവിടെ അഗ്നിദേവൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെ പ്രതീകമായി പറഞ്ഞിരിക്കുകയാണ് നമുക്ക് കാര്യം മനസ്സിലാകും എളുപ്പത്തിൽ എന്താണോ ബുദ്ധി ബ്രഹ്മത്തെ അറിയാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു അതാണ് ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത് അതിനാണ് ഈ വിശേഷണങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അഗ്രഗാമിയാണ് ഇന്ദ്രിയങ്ങളിൽ അഗ്രഗാമിയായിരിക്കുന്ന ബുദ്ധിയാണ് ബുദ്ധി പോകുന്നു ബാക്കി സർവ്വതും ബുദ്ധിയെ പിന്തുടരുന്നു ബുദ്ധിക്കനുസരിച്ച് പ്രാണന്മാരും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നു അഗ്രഗാമിയാണ് ഊർധ്വഗാമിയാണ് അഗ്നിയുടെ സ്വഭാവം എന്താണത് ജലിക്കും എപ്പോഴും മുകളിലേക്ക് ജലിച്ചുകൊണ്ടിരിക്കും അത് എപ്പോഴും അഗ്നി ജ്വലിക്കുന്നതുകൊണ്ട് നമുക്കറിയാം എന്താണത് മുന്നോട്ട് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് വേറെന്ന് വരാനാണ് ശ്രമിക്കുന്നത് ബുദ്ധിയെപ്പോഴും മുന്നോട്ട് പോകാൻ വിഷയങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ വിഷയങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തുക അതാണ് ബുദ്ധിയുടെ ശ്രമം എപ്പോഴും അഗ്നിയും അത് തന്നെയാണ് ചെയ്യുന്നത് അതിന്റെ വിഷയം എന്ന് പറയുന്നത് ഇന്ധനം ആ ഇന്ധനത്തിലേക്ക് കടന്നു ചെന്ന് അതിനെ സ്വാംശീസ്മമാക്കുക അതിൻ്റെ ദഹിപ്പിക്കുക ദഹിപ്പിക്കുക എന്ന് അതിനെ സ്വാം അഗ്നി ഒന്നിനെ ബാധിച്ചാൽ അതിനെ പൊതിഞ്ഞതിനെ നശിപ്പിക്കും അതിനെ സ്വാം സ്വീകരിക്കുന്നു അതിനെ ഭസ്മമാക്കുന്നു അതുപോലെ ബുദ്ധിയും എന്ത് ചെയ്യുന്നു ഒന്നിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ അതിൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നു അഗ്നി എന്താണ് ചെയ്യുന്നത് അത് ഇരട്ടിനെ നശിപ്പിക്കുന്നു ബുദ്ധി എന്താണ് ചെയ്യുന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അഗ്നി എന്ത് ചെയ്യുന്നു വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു അതിനെ ദഹിപ്പിച്ച് പ്രകാശിപ്പിക്കുന്നു അതിന്റെ ഇന്ധനത്തെ ദഹിപ്പിച്ച് അതിനെ പ്രകാശിപ്പിക്കും ബുദ്ധി എന്ത് ചെയ്യുന്നു വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു അഗ്നിയുടെ വിശേഷത ദഹിപ്പിക്കുക പ്രകാശിപ്പിക്കുക അന്ധതയെ ഇല്ലാതാക്കുക വീരളിനെ മാറ്റുക ബുദ്ധിയും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ കർണങ്ങളുടെ എല്ലാം നേതാവാണ് ബുദ്ധി മറ്റു കർണങ്ങളെല്ലാം ബുദ്ധി അനുസരിക്കുകയാണ് ബുദ്ധി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് പ്രാണന്മാരും കർണങ്ങളുമെല്ലാം അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം അവിടെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ആശ്രയിക്കുന്ന ബുദ്ധിയാണ് ബുദ്ധിയോട് പറയും പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് തീരുമാനിക്കുക എന്താ ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ബുദ്ധി കൊണ്ട് ആഗ്രഹിക്കുന്നു ഈ ശരീരത്തിൽ ഇതിൻ്റെ ഉള്ളിലും പുറമേയും പ്രപഞ്ചത്തിലും എന്ത് സംഭവിച്ചാലും അന്വേഷിക്കുന്നവരാണ് ബുദ്ധിയാണ് എന്താ എന്ത് സംഭവിച്ചു എന്താ കാരണം എന്താ പരിഹാരം അതിനെ മറ്റുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും ചേർന്ന് അതിനെ ചുമതലപ്പെടുത്തുന്നു കർണങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളെല്ലാം ദേവന്മാരാണ് എല്ലാം പ്രകാശ സ്വരൂപമാണ് എല്ലാവരും കൂടിച്ചേർന്ന് പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുകയാണ് തന്റെ ചുറ്റും കാണുന്നതിനെല്ലാം പ്രകാശിക്കുകയാണ് പ്രകാശിപ്പിക്കുകയാണ് അതിൽ മുഖ്യൻ ബുദ്ധിയാണ് ഇവിടെ പറഞ്ഞല്ലോ ഉള്ളിൽ ആണ് സംഗ്രാമയുദ്ധം നടന്നത് ദേവാസുര യുദ്ധം ആ ദേവാസുര യുദ്ധത്തിൽ ഈ ബുദ്ധിയുടെ സഹായത്തോടു കൂടിയാണ് ഈ ആശുരി സമ്പത്തിനെയെല്ലാം നശിപ്പിച്ചത് അസുരന്മാരെല്ലാം നശിപ്പിച്ചത് ബുദ്ധിയാണെന്ന് അറിവാണല്ലോ അതിന് മുഖ്യനായിരിക്കുന്നത് പക്ഷെ അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിന് അഭിമാനം ബുദ്ധിയുടെ ഒരു വിശേഷതയാണ് ധാർഷ്ട്യം എന്ന് പറയുന്നത് അത് ബുദ്ധിയുടെ ഒരു പ്രത്യേകതയാണ് ബുദ്ധി എപ്പോഴും അഹന്തയോട് ചേർന്നേ പ്രവർത്തിക്കത്തു ബുദ്ധിക്ക് എന്തിനേയും കീഴ്പ്പെടുത്തണം എന്നുള്ളൊരു വാശിയുണ്ട് എന്നാൽ ബുദ്ധി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഭൗതികമായാലും ശരി ആത്മീയമായാലും ശരി ബുദ്ധി അന്വേഷിക്കുന്നു എന്താണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ എന്താണ് തൻ്റെ ചുറ്റുപാടും കാണുന്ന എന്താണ് ബുദ്ധിക്ക് എപ്പോഴും അങ്ങനെ ഒരു ദാഷ്ട്യമുണ്ട് എന്തിനേക്കും ചൂഴന്നു കടന്നു ചെല്ലുക അതിൻ്റെ രഹസ്യത്തെ അനാവരണം ചെയ്യുക അതിനെ വെളിപ്പെടുത്തുക അത് അഹന്തയോടുകൂടിയേ സാധിക്കും ബുദ്ധിയുടെ സ്വഭാവമാണ് അതാണ് നമ്മൾ ഭൗതികമായി തന്നെ ബുദ്ധി മുഖ്യമായും പ്രവർത്തിക്കുന്നു ഭൗതികമായ വിഷയങ്ങളിലാണ് ഭൗതികമായ വിഷയങ്ങളെ അത് അന്വേഷിക്കുന്നു അതിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നു അങ്ങനെ അറിവ് ആ ബുദ്ധി വളരുന്നു അതിൻ്റെ ദാർഷ്ട്യം കൊണ്ടത് വളരുന്നു ബുദ്ധി വിപുലമാകുന്നു ഭൗതികശാസ്ത്രം എന്നൊക്കെ പറയുന്നത് അതാണ് ഈ ബുദ്ധിയുടെ കണ്ടെത്തലുകളാണ് അങ്ങനെ പ്രപഞ്ചത്തിലുള്ള കണ്ടെത്തലുകൾ അതിനുള്ള ഒരു ശേഷി ബുദ്ധിക്കുണ്ട് അത് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പ്രപഞ്ചം ഈ ഭൗതികത്തിന്റെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വെളിപ്പെടുത്തുന്നു നമ്മൾ പറയുന്നു ബുദ്ധി കൂടി അറിവ് കൂടി അറിവ് വലുതായി നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നു ജീവന്മാർ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നു ബുദ്ധിയുടെ മേധസ് അത് കൂടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിമാനം വരും അതിനുള്ള ഒരു ധാർഷ്ട്യം ഉണ്ട് അത് നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നത് വളരെ വാശിയോടുകൂടിയാണ് പിന്നെ രഹസ്യം അത് വെളിപ്പെടുത്തി തീരും ഇതിന്റെ പിന്നിൽ എന്താണുള്ളതെന്ന് അറിഞ്ഞു തീരൂ ആ രീതിയിൽ ബുദ്ധി പ്രവർത്തിക്കുന്നു അത് ദാഷ്ട്യം കൂടാതെ സാധ്യമുണ്ട് വാശി കൂടാതെ സാധ്യമുണ്ട് അതുകൊണ്ടാണ് ബുദ്ധി ഉറങ്ങാതെ രാവും പകരം ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഓരോ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തുന്നു പിന്നെ അതിനുപയോഗിക്കുന്നു ഭൗതികശാസ്ത്രം അവിടെയാണ് ബുദ്ധിയുടെ പ്രധാനമായ പ്രവർത്തനം അവിടെ ബുദ്ധിയുടെ പ്രവർത്തനം ശരിയതന്നെയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ച രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റൂ ബുദ്ധിക്കാതെ ആഷ്ട്യം ഉണ്ടായാലേ പറ്റും അല്ലെങ്കിൽ അതിന് നമ്മൾ പറയും ബുദ്ധിമാന്ദ്യം ബുദ്ധിമന്തമായിപ്പോൾ അലസമായിപ്പോവും ബുദ്ധിപ്രവർത്തിക്കും ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ബുദ്ധിയുടെ ആ പ്രവർത്തനം അത്യന്താപേക്ഷമാണ് അതുകൊണ്ടാണ് ഭൗതിയമായി മനുഷ്യൻ പുരോഗമിക്കുന്ന പറയുന്നു ഒരുപാട് കണ്ടെത്തുന്നു അതിനുപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ നിന്ദിക്കാൻ വയ്യ കാരണം ഓരോ ജീവന്മാരും ആ ബുദ്ധിയുടെ സൃഷ്ടിയുടെ ഗുണഭോക്താക്കളാണ് ബുദ്ധി സൃഷ്ടിച്ച ഗുണഫലങ്ങളെ അനുഭവിക്കുന്നവരാണ് അപ്പോൾ അതിനെ നിന്ദിക്കാൻ വയ്യ നമ്മളൊന്നിനെ അനുഭവിക്കാനും നിന്ദിക്കുകയും ചെയ്യുന്നത് ശരിയല്ല ഭൗതികമായ അറിവ് അല്ലെങ്കിൽ ഭൗതികമായ ശാസ്ത്രത്തെ നമ്മൾ ഒന്നിൻ്റെ പേരിലും നിന്ദിക്കാൻ പാടും അതിൽ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞ് നിന്ദിക്കാൻ വയ്യ കാരണം ഗുണങ്ങളെല്ലാം ദോഷമുണ്ട് ദോഷത്തിന്റെ പേരിൽ ഗുണത്തെ നിഷേധിക്കാമൊക്കെ എന്തുകൊണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളാണ് എല്ലാ ജീവന്മാരും ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ബുദ്ധിയുടെ ആ സാമർഥ്യം അത് നല്ലതു തന്നെ അത് ഗുണം ചെയ്യും പക്ഷേ ആധ്യാത്മികമായി അത് സഹായിക്കത്തില്ല അവിടെ ബുദ്ധിയുടെ ഈ ധാഷ്ട്യം ഫലത്തെ ഉണ്ടാക്കത്തില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് സാത്വികമായ ദൈവികമായ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ആശ്ര സമ്പത്ത് എല്ലാം ഒഴിഞ്ഞു പോവും പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കാണ് അവിടെ അതിൽ അഭിമാനം വരാൻ പാടില്ല അതിനാണ് സാധന സമ്പത്തി എന്ന് പറയുന്നത് സമ്പത്തിൽ അഭിമാനം വരാൻ പാടില്ല ഭൗതികമായ ബുദ്ധിയുടെ ശേഷി അഭിമാനിച്ചോട്ടെ ഭൗതികമായ അതെല്ലാം കണ്ടെത്തിക്കോട്ടെ ഭൗതിക ലോകത്തല്ലെങ്കിലും വ്യവഹാരിക ലോക ലോകത്ത് അതെല്ലാം കേമൻ തന്നെ ശ്രേഷ്ഠൻ തന്നെ പക്ഷെ ആധ്യാത്മികമായി വരുന്ന ഗുണങ്ങൾ അഭിമാനിക്കാൻ പാടില്ല അതെങ്ങനെയാണ് വരുന്നത് ഇത് പറയുന്നത് ഒരു സാധകന്റെ അന്തരംഗത്തെക്കുറിച്ചാണ് അവൻ സാധനയിലൂടെ പുരോഗമിക്കുമ്പോൾ അവനിലിരിക്കുന്ന ആസുര ഭാവങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് മാറും സാധനയുടെ ഫലമാണ് തീർച്ചയായും അതിന് അവന്റെ ബുദ്ധി തന്നെയാണ് മുഖ്യമായി സഹായിക്കുന്നത് അതിൽ അഗ്രഗാമി ബുദ്ധി തന്നെ ബുദ്ധിയില്ലാത്തവൻ എന്തെങ്കിലും സാധ്യമാകും ബുദ്ധി പലരൂപത്തിലും ബുദ്ധി വിവേകത്തോടു കൂടി ബുദ്ധി ഏകാഗ്രമായി ബുദ്ധി സാത്വികമായി എല്ലാം പരിണമിക്കുമ്പോഴാണ് അവനും അവൻ സാധന സമ്പന്നനാകുന്നു ദൈവീ സമ്പത്തെല്ലാം വന്നുചേരുന്നു പക്ഷേ അങ്ങനെ വരുന്ന ഒരുവനും അഭിമാനം വരാം എന്തിനു വേണ്ടി ഇതെല്ലാം എന്തിനവനും സാധനസമ്പന്നനാകണം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് അപ്പം അവൻ്റെ അന്തരംഗം കൂടുതൽ സാത്വികമാകുമ്പോൾ നിർമ്മലമാകുമ്പോൾ ഏകാഗ്രമാകുമ്പോൾ അവന്റെ ഉള്ളിൽ ആ ഈശ്വരീയത പ്രകടമാകും ആ ഈശ്വരീയതയെ അവൻ്റെ കേവലമായ ഭിമാനം കൊണ്ട് തിരസ്കരിക്കാൻ പാടില്ല അഭിമാനം എങ്ങനെ വരും ബുദ്ധി ആശ്രയിച്ചിട്ടാണ് ബുദ്ധി ആശ്രയിച്ചു വരുന്ന അഭിമാനം എന്താണോ ഞാനിതാ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പോകുന്നു ഈശ്വരനെ അറിയാൻ പോകുന്നു ഇങ്ങനെ കരുതലോ ഞാൻ സാത്വികനാണ് സാധനസമ്പന്നനാണോ എനിക്കിതിനെ സാക്ഷാത്കരിക്കാൻ കഴിയും ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുമെന്ന് കരുതുക അവിടെ ബുദ്ധി മുന്നേ നിക്കുക അഭിമാനം രൂഢമാകുക അത് സാധനയുടെ ഒരു ഒരവസ്ഥയെ സൂചിപ്പിക്കുകയാണ് ഗുരുവിൻ്റെ ഉള്ളിൽ ആ പ്രകാശം ഉണ്ടാവുക സത്വ സഞ്ചായത ജ്ഞാനം പ്രകാശം അതിന്റെ അടയാളമാണ് അന്തരക്കണ്ണിന്റെ സ്വച്ഛത അത അതിന്റെ അടയാളമാണ് അവിടെ ഈശ്വരദർശനത്തിനുള്ള വേദി ആയി മാറുന്നു സ്വന്തം അന്തരാണ് അതിന്റെ ഈശ്വരദർശനത്തിന് പറയും ആ ഒരു സന്ദർഭത്തിൽ അഭിമാനം വരിക എങ്ങനെ തൻ്റെ ഗുണങ്ങളിൽ തൻ്റെ യോഗ്യതകളിൽ അഭിമാനം വരിക കരുതാറില്ല ഞാൻ യോഗ്യനാണ് ഞാൻ ആത്മീയനാണ് ലൗകികനല്ല ആത്മീയമായ ഗുണങ്ങളുണ്ട് ശമദമാദികളിലുണ്ട് ഇത്തരത്തിലെല്ലാം ബുദ്ധിയുടെ അഭിമാനം വരിക ഇവിടെ പറയുന്നെന്താണ് അയക്ഷൻ പ്രകടമായി പൂജനീയമായ ഈശ്വരീയമായ ഭാവങ്ങൾ ഉള്ളിൽ പ്രകടമായി പക്ഷെ അതിനെ ഈശ്വരീയമായി ഗ്രഹിക്കുന്നതിന് ആ ബുദ്ധിയുടെ ധാഷ്ട്യം ഉള്ള തടസ്സമായി ബുദ്ധിയുണ്ട് അത് ഗ്രഹിക്കാൻ കഴിയില്ല വസുരന്മാരെല്ലാം ജയിച്ച് ചിത്രത്തിനൊരു സമാധാനം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആത്മപ്രകാശം അതാരംഭിച്ചു പക്ഷെ അവബുദ്ധി അഭിമാനിച്ചു ശരീരനെ തൻ്റെ സാമർഥ്യം കൂടി ഗ്രഹിക്കാം കാരണം അസുരന്മാരെ നശിപ്പിച്ച ആരാണ് തൻ്റെ സാധനയാണ് അതാണ് അസുരന്മാരെ നശിപ്പിച്ചത് അവിടെ അന്തര്യാമിയുടെ പങ്കിനെ എല്ലാം അവസാനം തന്നിലേക്ക് കൊണ്ടുവരിക അതാണല്ലോ വീഴ്ചയ്ക്ക് കാരണമാകുന്നു എവിടെയും തന്നെ മഹത്വപ്പെടുത്തുക കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് തന്നെ മഹത്വപ്പെടുത്തുക ഇതെല്ലാം തന്റെ കഴിവാണ് താൻ നേടിയതാണിതൊക്കെ താൻ മഹത്വമുള്ളവനാണോ എന്ന് ബുദ്ധി തീരുമാനിക്കുക അപ്പം അവിടെ ആത്മപ്രകാശം ഉണ്ടായാലും അത് ആത്മാവിൻ്റെ പ്രകാശമായിട്ടല്ല അഹന്തയുടെ പ്രകാശമായിട്ട് തിരിച്ചറിയും എൻ്റെ മഹത്വമാണ് ഞാൻ നേടിയതാണോ എൻ്റെ സാധനയുടെ ഫലമാണോ എല്ലാ സിദ്ധികളും തൻ്റേതാണ് ഈശ്വരൻ്റേതല്ല എന്ന് ധരിച്ചു പോവുക താൻ അറിയാതെ തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഒരു വ്യഗ്രത അത് ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമായിരിക്കുന്നു അതുകൊണ്ടാണ് ലോകപൂജയും ബഹുമാനവും എല്ലാം ആഗ്രഹിക്കുന്നത് അതാണിവിടെ പ്രതീകാത്മകമായി ഇന്ദ്രനെന്നും യക്ഷനെന്നും എല്ലാം പറഞ്ഞിവിടെ സൂചിപ്പിക്കുന്നു അതും നമ്മൾ ശ്രദ്ധിക്കണമെന്താണോ തത്വത്തെ വേണ്ടവണ്ണമെല്ലാം പ്രതിപാദിച്ച് വളരെ വ്യക്തമാക്കി വലിയ ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമായിരുന്നെങ്കിൽ അത് വ്യക്തമാക്കാനുള്ള ഉപായകൾ ആ വ്യക്തമാക്കാതിരിക്ക വ്യക്തമാകാത്തതെന്തുകൊണ്ട് വ്യക്തമാക്കുന്നതിനുള്ള ഉപായങ്ങൾക്കുള്ള തടസ്സം എന്താണോ അതാണ് ഇവിടെ കാണിക്കുന്നത് ഈ ബുദ്ധിയുടെ അഭിമാനം ഇവിടെ എന്ത് ചെയ്തു സർവജ്ഞകൽപ്പം ബുദ്ധി സർവജ്ഞനല്ല പക്ഷെ സർവജ്ഞനെപ്പോലെയാണ് ജാതവേദസം പറയുന്ന ഞാൻ സർവത്തെയും അറിയുന്നവനാണ് മറ്റുള്ള എല്ലാ കാരണങ്ങളും അപേക്ഷിച്ച് ഞാൻ ശ്രേഷ്ഠനാണ് അഗ്രഗാമിയാണ് ഇതെല്ലാം ബുദ്ധി സ്വയം പറയുന്നതാണ് ബുദ്ധി തന്നെ കുറിച്ച് സങ്കല്പിക്കുന്നതാണ് ഞാനാണറിയുന്നത് ഞാൻ ഈ ഞാനാണ് ഈശ്വരനെ അറിയുന്നത് അതിനുള്ള ഏകാഗ്രതയും സ്വച്ഛതയും എല്ലാം എന്നിലുണ്ട് അപ്പോൾ ബാക്കിയുള്ള കരണങ്ങളെല്ലാം പിൻവാങ്ങുന്നു ബുദ്ധിയെ മുന്നേ നിർക്കുന്നു ബുദ്ധി സ്വയം ഉണ്ടല്ലോ അത് ധാർഷ്ട്യമുള്ളതാണ് അഹങ്കാരമുള്ളതാണ് മറ്റുള്ളവരെല്ലാം പിൻവാങ്ങുന്നു അല്ലെങ്കിൽ അവരെ പിന്നിൽ നിർത്തിയിട്ട് ബുദ്ധിമുട്ടേ പോകുന്നു ഈശ്വരനെ കണ്ടുപിടിക്കാൻ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ അതാണ് പറഞ്ഞത്തെ അഭ്യദ്രവത് ശരി എന്നാൽ ഇതിനെ സാക്ഷാത്കരിച്ചേ അടങ്ങും അല്ലേ നമ്മൾ വായിച്ചും പഠിച്ചും കേട്ടും ചിന്തിച്ചും ബുദ്ധിയിലൂടെ ഇതിനെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നു ബുദ്ധിയിലൂടെ അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നുത്തം അഭ്യദ്രവത് അതിന് നേരെ ഓടി എന്ന് പറയുന്ന ആളാണ് അത് പൂർണ്ണമായും മനസ്സിലാക്കണം പ്രകടമാക്കണം ഇങ്ങനെ ബുദ്ധി ആഗ്രഹിക്കുന്നു ബുദ്ധിക്ക് ഇത് വിഷയമാക്കണം നമ്മൾ പറയുന്നുണ്ടല്ലോ ഞാൻ തത്വത്തെ ശ്രവിക്കുന്നില്ല ശ്രവിക്കുന്നു സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു എനിക്ക് തത്വത്തിൻ്റെ ഗ്രഹണം ഉണ്ടാകുന്നു പക്ഷെ പരാതി എന്താണോ സ്ഥായിയായി നിൽക്കുന്നില്ല എന്ന് വെച്ചാൽ ബുദ്ധി ഇതിനെ പിടിച്ചു നിൽക്കുന്നില്ല എന്നാണ് ബുദ്ധിയിലിത് സ്ഥിരമാകുന്നില്ലെന്നാണ് ബുദ്ധിയിൽ ഇത് സ്ഥിരമാകത്തില്ല എന്തുകൊണ്ട് ബുദ്ധി അവിടെ പരാജയപ്പെടും തത്സമീപേ അപ്രഗൽഭത്മസാന്നിധ്യത്തിൽ അതിന്റെ എല്ലാ പ്രാഗൽഭ്യവും നഷ്ടപ്പെട്ടു ആത്മസാമീപ്യം വരെ അതിനോട ുദ്ധി വേണ്ടാത്തതല്ല അത് വേണ്ടതാണോ പക്ഷെ അത് നിഷ്പ്രഭമാകുന്ന ഒരു സ്ഥാനമുണ്ട് തൂഷണീഭൂതം പിന്നെ അതിനൊന്നും കഴിയത്തില്ല അതിനു മുമ്പ് വരെ അതിന് സ്വയം മഹത്വപ്പെടുത്താൻ കഴിയും ആത്മസാന്നിധ്യത്തിന് തൂഷ്ണീഭൂതമാകുന്നു പറയുന്നു അതിന് പിന്നൊന്നും ഇണ്ടാൻ എത്ര വേഗത്തിലൂടിയാലും ശരി ഈശ്വരനെ ബുദ്ധിക്ക് കണ്ടെത്താൻ കഴിയില്ല അതാണ് പിന്നെ വിവേകം കൊണ്ട് തന്നെ അത് ബോധ്യപ്പെടണം ഇല്ല ഇത് ബുദ്ധിയുടെ പരിശ്രമത്തിന്റെ ഫലമല്ല അതാണ് ചോദിക്കുന്നത് കോ നീ ആരാണ് തിരിച്ചു ചോദിക്കുന്നത് യക്ഷന്റെ ഭാഗത്ത് നിന്നാണ് ചോദ്യം ബുദ്ധി സ്വയം നിശബ്ദനായപ്പോൾ യക്ഷൻ ചോദിച്ചത് ആരാണ് ബുദ്ധി തന്നെ വെളിപ്പെടുത്തുന്നു ഞാൻ സർവത്തെ അറിയുന്നവനാണ് എന്തുകൊണ്ട് നിന്നെ അറിയുന്നില്ല ഞാൻ സർവത്തെയും പ്രകാശിപ്പിക്കുന്നവനാണ് എന്തുകൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല അപ്പം അവിടെ പരീക്ഷിക്കുന്നു ശരി ീ നിന്റെ സർവജ്ഞത എന്താണ് പറഞ്ഞ സർവജ്ഞകല്പം സർവജ്ഞനെപ്പോലെയാണെന്ന് സ്വയം ധരിക്കുന്നുണ്ടെങ്കിലും സർവജ്ഞനല്ല എന്തുകൊണ്ട് നീ ഇവിടെ ഒന്നും അറിയുന്നില്ല നീ അറിഞ്ഞതെല്ലാം കേവലം ഭ്രാന്തി അഗ്നി എന്താണ് വരുന്നത് ഞാൻ ഈ ഭൂമിയിലും അന്തരീക്ഷത്തിലുമുള്ള സർവത്തെയും ദഹിപ്പിക്കുമെന്ന് ഈ ബുദ്ധി ഇവിടെ എന്തൊക്കെ അറിയുന്നുണ്ടോ കേവലം ഭ്രാന്തിയാണ് ഒരുപാടറിയുന്നുണ്ട് എന്താണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ ഒരുപാട് വെളിപ്പെടുത്തുന്നുണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട് ഭൗതികരഹസ്യങ്ങളെ ഒരുപാട് വെളിപ്പെടുത്തുന്നുണ്ട് അതൊക്കെ ശരി അതൊക്കെ നിന്റെ സാമർഥ്യം തന്നെയാണ് പക്ഷെ ആത്യന്തികമായി എന്ന് പറഞ്ഞാലങ്ങനെ ഈശ്വരന്റെ സമീപത്തിനും ഒന്നും അറിഞ്ഞിട്ടില്ല ഇതെല്ലാം കേവലം ഭ്രാന്തമായ കൽപ്പനകൾ അതാണ് എന്താണ് തസ്മൈ തൃണം നിത ഒരു തൃണത്തെ അതിന്റെ മുമ്പിൽ വച്ച് നീ എന്താണ് ഇവിടെ അറിഞ്ഞത് ഒരുപാട് അറിഞ്ഞു എന്ന് കരുതുന്നുണ്ടല്ലോ ഒരു തൃണത്തിന്റെ രഹസ്യം നീ അറിഞ്ഞു ഇല്ല നമ്മളെന്താ ചെയ്യുന്നത് നമ്മളെ ബുദ്ധി ഭൗതികമായി അറിയുന്നു ഓരോന്നിനെയും കീറിമുറിച്ച് പരിശോധിച്ച് ഇതിന്റെ രഹസ്യം ഇന്നതാണ് ഇതിന്റെ രഹസ്യം ഇന്നതാണെന്നിങ്ങനെ അറിയുന്നു വാസ്തവത്തിൽ അതൊന്നും ഒന്നിൻ്റെയും രഹസ്യമുണ്ട് സർവത്തിൻ്റെയും രഹസ്യമായിരിക്കുന്നു ഈശ്വരനാണ് ഈശ്വരൻ അറിയാത്തിടത്തോളം കാലം ഇതൊന്നിന്റെയും രഹസ്യം അറിഞ്ഞില്ല എന്നാൽ അഗ്നി ദഹിപ്പിക്കുന്നുണ്ട് സർവത്തിൽ അത് അതിൻ്റെ അവകാശവത ശരിയാണത് ഭൂമിയിലും ആകാശത്തിനുമുള്ള സർവത്തെയും ലയിപ്പിക്കും അത് ഭൂമിയെ ആകാശത്തെയെല്ലാം പഠിക്കും അതിൻ്റെ എല്ലാം രഹസ്യത്തെ അറിയുന്നുവെന്നത് ധരിക്കും എന്തുകൊണ്ട് അതിൻ്റെ അറിവ് വികസിക്കുന്നു നാനാ വിഷയങ്ങളെ അറിയുന്നു ഉപയോഗിക്കുന്നു പുരോഗമിക്കുന്നു അതൊക്കെ ഭൗതികമായി മാത്രം അത് കേവലം ഭൗതികം മാത്രമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് പറഞ്ഞു നീ അറിഞ്ഞ എന്തിൻ്റെ രഹസ്യം നീ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണോ ഏതെന്തിനെ അറിഞ്ഞാലാണോ സർവവും അറിയപ്പെടുന്നതായി തീരുന്ന അതിനെ അറിഞ്ഞു അതിനെ അറിയാതെ താൻ അറിഞ്ഞു എന്ന് തരുന്നത് എന്താണോ അത് ലൗകികമായ ഭൗതികമായ അറിവാണ് പരമാർത്ഥമായ അറിവെന്ന് പറയുന്നത് അത് ഒരു തൃണത്തെ അറിഞ്ഞാൽ മതി എന്താണ് കൃണ്ണത്തിന്റെ സത്ത എന്താണ് ആ തൃണ്ണത്തിന്റെ ആധാരം എന്നിങ്ങനെ അറിഞ്ഞാൽ മതി അവിടെ തന്നെയുണ്ട് സർവരഹസ്യവും പക്ഷെ അത് ഭൗതികമായ അറിവല്ല ആത്മീയമായ അറിവാണ് തൃണ്ണത്തെ കീറി മുറിച്ചറിഞ്ഞാൽ അത് ഭൗതികമായ അറിവായി കൃണ്ണത്തിന്റെ സത്തയെ ആന്തരികമായി സാക്ഷാത്കരിച്ചാൽ ആത്മീയമായ അറിവാണ് അപ്പൊ ിക്കൽ അത് ഭൗതികമാണ് ആത്മീയമല്ല അപ്പൊ ഈ ബുദ്ധിയുടെ ഈ അറിവ് ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന അറിവെന്ന് പറയുന്നത് ഭൗതികമാണ് അതിന്റെ തലം വേറെയാണ് അതിന്റെ ഉപയോഗം വേറെയാണ് അത് മറ്റൊരു വിഷയമാണ് അത് ഈശ്വരനെ വെളിപ്പെടുത്തലല്ല അപ്പൊ ഈശ്വരന്റെ രഹസ്യം എന്ന് പറയുന്നതിന് ഈ പ്രപഞ്ചം മുഴുവൻ ഓരോന്നോരോന്നായിട്ടെടുത്ത് കൂറി മുടിച്ച് പരിശോധിക്കേണ്ട കാര്യമുണ്ട് അതൊരു മണൽ തരിയിലും ഉണ്ട് അതിന്റെ രഹസ്യം അതിലുള്ളത് കൂടുതൽ രഹസ്യം ഈ പ്രപഞ്ചത്തിൽ ആകെ അന്വേഷിച്ചാൽ കിട്ടാനും അത് ആധ്യാത്മികമായ അറിവാണ് ആന്തരികമായ അറിവാണ് ബാഹ്യമായ ഭൗതികമായ ലൗകികമായ അറിവല്ല ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്ത് ഒരു തെണ്ണത്തെ അതിന്റെ വെച്ച് ഇതിനെ ദഹിപ്പിക്കുക ഇതിന്റെ പരമാർത്ഥം എന്തെന്ന് നിനക്ക് വെളിപ്പെടുന്നുണ്ടോ ബുദ്ധിക്ക് ഒരിക്കലും ബുദ്ധിക്ക് വെളിപ്പെടുന്നതല്ല അവിടെ എന്ത് ചെയ്തു ബുദ്ധി തന്റെ അപ്രാഗല്ഭ്യം തന്റെ ശേഷിക്കുറവ് അത് മനസ്സിലാക്കി അപ്പം അതിനെ ബുദ്ധിക്ക് കഴിഞ്ഞില്ല അതെന്ത് ചെയ്തു മുഞ്ച ദദ്ധൃത്വ അഭിമാനം ഞാൻ ഉപേക്ഷിക്കേണ്ടി വന്നു അഭിമാനത്തെ ഉപേക്ഷിക്കേണ്ടി വന്നു ഞാൻ സർവവും അറിയുന്നവനാണ് അറിഞ്ഞറിഞ്ഞ് ഞാൻ ഈശ്വരനെയും അറിയും എന്നുള്ള അഭിമാനം അത് ഉപേക്ഷിക്കേണ്ടി വന്നു ഇതാണ് സർവത്തരും അറിയുന്നത് ഗ്രഹിക്കത്തക്കതല്ല മനസ്സിന് ഗ്രഹിക്കത്തക്കതല്ല ഇന്ദ്രിയങ്ങൾ ഇവിടെ നിന്ന് പിൻവാങ്ങുന്നു അത് ആവർത്തിച്ച് ഇങ്ങനെ ബോധിപ്പിക്കുന്നതിന് കാരണം തത്വത്തെ ശ്രവിക്കുന്നു ശ്രുതി ശ്രവിക്കുന്നു ഗുരുവിന്റെ ഉപദേശത ശ്രവിക്കുന്നു ഇവിടെയെല്ലാം ആശ്രയിക്കുന്ന തന്റെ ബുദ്ധിയാണ് ജീവൻ ബുദ്ധി ആശ്രയിച്ചുകൊണ്ടാണിത് തുടങ്ങുന്നത് ഇത് ബുദ്ധിയിലാണ് പ്രകാശിക്കുന്നത് ബുദ്ധി താല്പര്യം ശ്രുതിയുടെ താല്പര്യം അപ്പോൾ വ്രത ബുദ്ധിയാണെങ്കിലോ അഭിമാനിക്കുന്നതുമാണ് ഏതിനും ബുദ്ധി ഈ പറയുന്ന ദാർഷ്യത്തോടു കൂടിയതാണ് അതതിന്റെ സ്വഭാവമാണ് അപ്പോൾ ബുദ്ധിയെന്ന് പറയുന്ന ഒരു കർണത്തിലൂടെ ഇതിനെ ശ്രവിക്കുമ്പോൾ ഇതിൻ്റെ അന്തിമമായ ഫലം ഇതിൻ്റെ സാക്ഷാത്കാരം അതും ഈ ബുദ്ധിയെ ആശ്രയിച്ചാണ് സംഭവിക്കേണ്ടതെന്ന് ഒരു സാധകൻ തെറ്റിദ്ധരിക്കാം ആധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ബുദ്ധിക്ക് ഒരു പരിമിതിയുണ്ട് അതിനൊരു പരിമിതി വരെ ഒരു ഒരു ഭാഗം വരെ അതിന് സഞ്ചരിക്കാൻ പറ്റും ബുദ്ധിയുടെ സഹായം ഒരു പരിധിവരെ ആവശ്യമാണ് പക്ഷേ അത് പരിമിതിയുള്ളതാണ് അതിൻ്റെ പരിമിതി അതിന് തന്നെ ബോധ്യപ്പെടുന്നു ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ അഹന്ത വരത്തില്ല ബുദ്ധി കൊണ്ട് വെളിപ്പെടുത്തുമെന്നുള്ള ദുർവാശി വരത്തില്ല മറിച്ച് അവിടെ ബുദ്ധി അസ്തമിക്കുന്നു എന്ത് ചെയ്തു സർവോത്സാഹ കൃതേന വേഗേന ശ അതിന് ശക്തി ഉണ്ടായില്ല സർവ ഉത്സാഹത്തിനു ശ്രമിച്ചു അഗ്നിയാത്രത്തെ ദഹിപ്പിക്കാൻ പക്ഷെ അതിന് ശക്തിയില്ലാതെ പോയി അന്ന് ബുദ്ധി അസ്തമിക്കുന്നു പറയും നാശകദഗ്ധം ലജ്ജിതനായി മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റു കർണങ്ങൾക്ക് മുമ്പിൽ താൻ ബലഹീനനാണെന്ന് സ്വയം ബോധ്യപ്പെട്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആഭിമാനത്തിൽ ദൃഢപ്പെട്ടു അതുകൊണ്ടത് ലജ്ജിതനായി പിൻവാങ്ങുന്നു ഹതപ്രതിജ്ഞ അതിൻ്റെ എല്ലാ അവകാശവാദങ്ങളും തീർന്നു തൂഷണിയും ദേവൻ പ്രതി പ്രതി അത് മറ്റുള്ളതിനോടൊപ്പം ചേർന്നു അതുവരെ എന്താണത് കരുതിരുന്നത് ഞാൻ മറ്റുള്ളതിനെ അനുഭവിച്ചു ശ്രേഷ്ഠമാണ് ഇത്തരം അഭിമാനം ഓരോരുത്തർക്കുമുണ്ട് ഓരോ കരണങ്ങൾക്കുമുണ്ട് പക്ഷെ അഭിമാനം കൂടുതൽ ബുദ്ധിക്കാണ് അതുകൊണ്ടാണ് അതിനാദ്യം നിയോഗിച്ചത് അതിൻ്റെ അഭിമാനത്തെ നശിപ്പിച്ചത് അത് നിവവ്രതേ നിവൃത്ത പ്രതിഗതവാൻ അതിൻ്റെ എല്ലാ സാമർഥ്യത്തെയും ഉപേക്ഷിച്ച് ഇതാണ് അ നിവൃത്തനായി ബുദ്ധിയുടെ നിവൃത്തി അതാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ഹേതുവായിരിക്കുന്നത് പറയാറുള്ള മനസ്സടങ്ങണം വേറെ രീതിയിൽ പറയും എന്താണ് ഈ സങ്കല്പവികൽപ്പങ്ങളെല്ലാം അവസാനിക്കണം സങ്കല്പവികൽപങ്ങൾ എന്താണ് ഈ ബുദ്ധിയുടെ പരിശ്രമമാണ് മനസ്സടങ്ങുന്ന എന്താണ് ഈ ബുദ്ധിയുടെ പിൻവാങ്ങലാണ് അതിന് പരിമിതിയുണ്ട് ഒരു പരിധിക്കപ്പുറം അതിന് പോകാൻ കഴിയില്ല അത് സ്വയം തിരിച്ചറിയുന്നു എന്താണ് എന്നാൽ ഏതത് ഏക്ഷം അസകം ശക്തവാനഹം വിജ്ഞാതം വിശേഷതോ കേവലം ഈ അന്തര്യാമിയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ ബുദ്ധിക്ക് അതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല ഓ ഇതെന്റെ ബുദ്ധിയിൽ നിൽക്കുന്നില്ല കുറച്ചു മുമ്പ് ഇതെന്റെ ബുദ്ധിയിൽ നിന്നു ഇപ്പോൾ നിൽക്കുന്നില്ല എന്ന് വിലപിക്കുന്ന ബുദ്ധിയാണ് ബുദ്ധിയുടെ ആ അവസാനിക്കണം ഇത് ബുദ്ധിയുടെ ബുദ്ധിയിൽ നിൽക്കുന്ന കാര്യമുണ്ട് ബുദ്ധി അവസാനിക്കുന്നിടത്താണ് അത് പ്രകാശിച്ചത് അതുകൊണ്ട് ഇതിനെ ബുദ്ധിക്കും മനസ്സിനും എല്ലാം അപ്പുറമാണെന്ന് പറയുന്നു ഇവിടെ അത് ബുദ്ധിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് എന്തു ചെയ്തു അത് ബുദ്ധിയിലൂടെയുള്ള അന്വേഷണം അവസാനിപ്പിച്ചു താൻ ഇതിനെ കണ്ടുപിടിക്കും മറ്റു പലതിനെയും കണ്ടുപിടിച്ച ഇതുപോലെ എന്നുള്ള ആ വാശി അത് ഉപേക്ഷിച്ചു അത് പിൻവാങ്ങി ുദ്ധി പിൻവാങ്ങി എന്നാണ് ഇവിടെ പറയുന്നത് അതാണ് അഗ്നി ദേവൻ എന്നുള്ള രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ താല്പര്യം തത്വ ശ്രവണത്തിന് ശേഷം തത്വത്തെ ഗ്രഹിക്കുന്നതിന് ബുദ്ധിയിൽ അഭിമാനിച്ചൊരു ജീവൻ പ്രവർത്തിച്ചാണ് अ निषल अदावी तजज्ञ भूवा तन्न तजानद യമിതി അനിമബൻ ജാതവേത ഏതീഹിതയക്ഷതി തധേദി തദ്ഭ്യദ്രവത് തം അഭ്യവത് കോ അസീതി അഗ്നിർവാ അഹമസ്മീതി അബ്രവീത് ജതവേതാ അഹമസ്മീതി തസ്മ ത്വം വീര്യതി അപീദം यदितं പൃഥിവ്യമിതി തസ്മൈ തൃണം നിദധൗ എത്തേതി തേയാജവന തന്നദം സ തതവ നിവവൃത്തെ വിജാ യക്ഷതി അധ വാമ്രവൻ वायो യോ എവിജീഹിതീ തഥേതി തദ്ധ്യവത് തദ്ഭ്യദ്രവ്യവതോ അസീതി വാർവാഹം അസ്മീതി അബ്രവീത് മാതരി അഹം അസ്മീതി തസ്മ ക്കം വീര്യതി അപീദം ആദീയം പൃഥിവ്യമിതി കസ്മൈ തൃണം നിദധൗ ധത്സത്തിദ്രേയാജവേന തന്നശ ആ സ തതവ നിവവൃത്തെ നൈതശം വിജാ യക്ഷതി അഥവായും അഗ്നിയുടെ പരീക്ഷണം കഴിഞ്ഞു അഗ്നിദേവൻ പരാജയപ്പെട്ടു അടുത്ത് മറ്റെല്ലാവരും കൂടി ചേർന്ന് വായുദേവനെ സമീപിച്ചു അധവായും അതനന്തരം വായും അഗ്രവത് എല്ലാവരും കൂടി ചേർന്ന് വായുവിനോട് പ്രാർത്ഥിക്കുകയാണ് വായു ദേവ ഹേ വായു ഏതത് വിജാനേഹി എന്തോ ഇവിടെ ദിവ്യുമായി ഒന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇതെന്താണെന്ന് മനസ്സിലാക്കുക വിജാനേഹി ഇത്യാദി സമാനാർത്ഥം പൊറുവേണം അവിടെ അഗ്നി എന്നുള്ളതിന് പകരം വായു എന്നുള്ള ശബ്ദം പ്രയോഗിച്ചതേയുള്ളൂ അർത്ഥമെല്ലാം മുമ്പ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെയാണ് അഗ്നി എന്നുള്ളതിന് പകരം നമ്മൾ വായു എന്ന് ചേർക്കുക വായു എന്താണ് വാനാദ് ഗമനാദ് ഗന്ധനാദ് വായു വാ ഗതിഗന്ധനയോഹു വാ ധാതുവിന് ഗതിഗന്ധനം രണ്ടർത്ഥമുണ്ട് അതിൽ വായു ശബ്ദമുണ്ടായത് ഒന്നാണ് പറഞ്ഞത് വാനാത് വായുഹു വാനം എന്ന് പറഞ്ഞ എന്താർത്ഥം ഒന്നിന് ഗമനം ഗത്യർത്ഥം ഗന്ധനം രണ്ടർത്ഥം ഗന്ധം എന്നുള്ള അർത്ഥം തന്നെ വായും അബ്രുവൻ അടുത്ത് വായുവിനോട് പറഞ്ഞു വായുദേവനോട് പറഞ്ഞു ഹേ വായു ഏതദ് വിജാനിഹി ഇതെന്താണെന്നറിയുക കിമേദി എന്താ ഒരു ദിവ്യഭാവം പ്രകടമായിരിക്കുന്നത് വായു പറഞ്ഞു തഥ വായുദേവനും മോശക്കാരനല്ല ഇന്ദ്രനെപ്പോലെ തന്നെ അഗ്നിയെപ്പോലെ തന്നെ അതുകൊണ്ടതും ശരി യാതൊരു സംശയം കൂടാതെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കാം അതും അഗ്നിയെ പോലെ തന്നെ തദ് അഭ്യദ്രവത് നേരെ ഓടി തമഭ്യവദി ബാക്കിയുള്ളത് അങ്ങനല്ല പറഞ്ഞത് മുമ്പ് അഗ്നിക്ക് പറ്റിയതുപോലെ തന്നെ അവിടെ ചെന്നു തൻ്റെ സാമർഥ്യമെല്ലാം അവിടെ നിഷ്പ്രഭമായി മിണ്ടാതെ നിന്നു അങ്ങനെ നിൽക്കുമ്പോൾ തം അഭ്യവദത്ത് ആ വായുവിനോട് ആ യക്ഷന് സംസാരിക്കേണ്ടി വന്നു കോ സി നീ ആരാണോ ഇത്രയും വേഗത്തിൽ ഓടി വന്നു ഇവിടെ മിണ്ടാതെ നിൽക്കുന്ന നീ ആരാണോ ചോദിച്ചപ്പോൾ വീണ്ടും ഒരു ഉണർവ് വന്നു വീണ്ടും അഭിമാനം വന്നു പറഞ്ഞു എന്താണോ വായുർ വാഹംഅസ്മി അറിയില്ലേ ഞാനാണ് വായു ഇനി അങ്ങനെ അറിയില്ലെങ്കിൽ പറയാം മാതരീശ്വാ അഹസ്മതി ഞാനാണ് മാതരിശിവതിരിശിവാന്ന് പറഞ്ഞാൽ എന്താണ് മാതരി അന്തരീക്ഷേ മാതർ എന്ന് വെച്ചാൽ അന്തരീക്ഷം അന്തരീക്ഷേ ശ്വേതി മാതരീശ്വാ അന്തരീക്ഷത്തിൽ വീശിക്കൊണ്ടിരിക്കുന്നവനാണിവിടെ വായു സർവത്ര വീശുന്നവനാണ് അങ്ങനെയും എനിക്ക് പേരുണ്ട് അതുകൊണ്ട് പറഞ്ഞു മാതരീശിവഹം അസ്മീരി വേഷൻ ചോദിച്ചു തസ്മിൻ തുയി കിം വീര്യം ഇങ്ങനെയെല്ലാം പ്രസിദ്ധനായിരിക്കുന്ന നിന്നിൽ എന്താണ് വീര്യമുള്ളത് നീ വായുവായിരിക്കുന്നു അന്തരീക്ഷത്തിൽ നീ മാതരിശിവ ആയിരിക്കുന്നു വായു നിച്ച പ്രാണൻ നീ പ്രാണനായിരിക്കുന്നു അന്തരീക്ഷത്തിൽ നീ വായുവായി വീശിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള നിന്റെ എന്താണ് വീര്യമുള്ളത് അപീതം സർവം ആദതീയ ഇവിടെയുള്ള എന്തിനേയും വഹിക്കാൻ എനിക്ക് കഴിയും കൊടുങ്കാറ്റായി സർവത്തെയും വഹിക്കുന്നു കൊടുങ്കാറ്റായി സർവത്തെയും വഹിക്കുന്നുള്ളതല്ല ഭൂമിയെയും സൂര്യനെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും എല്ലാം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ് അതാണ് എന്തെല്ലാം ഈ ലോകത്തുണ്ട് അതിനെല്ലാം വഹിക്കുന്നതിന് എന്റെ ശക്തി കൊണ്ട് അതിനെല്ലാം നിയന്ത്രിക്കുന്നതിന് എനിക്ക് കഴിയും മാതരി ഗൃഹീയാം യഥിതം പൃഥിവ്യം ഇത്യാദി സമാനമേവ ബാക്കിയെല്ലാം പഴയതുപോലെ കഥിതം പൃഥിവ്യം ഇതി തസ്മൈ തൃണം നിദധോ യക്ഷൻ തന്റെ കയ്യിലിരുന്ന പഴയ പുല്ല് തന്നെ പുറത്തെടുത്ത് വായുവിന്റെ മുമ്പിൽ വെച്ച് വായുദേവന്റെ മുമ്പിൽ തിണ്ണ നിദതു ഏത് ഈ സൂര്യനെയും ചന്ദ്രനെയെല്ലാം ചുഴറ്റുന്നവനാണല്ലോ കൊടുങ്കാറ്റായിട്ടും ഭൂമിയിലുള്ള സർവത്തിനെയും പറത്തുന്നവനാണ് എന്നാൽ ഈ പുല്ലിനെ ഒന്ന് പറക്കി ഏതത് ആ ദസ് നിസാര കാര്യമാണല്ലോ തതുപപ്രയായ അതിനെ സമീപിച്ചൊന്ന് പുല്ലിനെ ഒന്ന് പറത്താൻ നോക്കി കഴിഞ്ഞില്ല സർവജവേന പിന്നെ തന്റെ സർവ്വശക്തിയും എടുത്തു ഈ ഭൂമിയും അന്തരീക്ഷത്തിനെയും എല്ലാം സൂര്യനെല്ലാം കറക്കുന്ന തന്റെ സർവശക്തിയും പുറത്തെടുത്തു തന്ന ശ പക്ഷെ പരാജയപ്പെട്ടു ആദാദും അതിനൊന്നും അവിടെ നിന്നും എടുത്തുയർത്താൻ എന്തിനൊന്ന് ചലിപ്പിക്കാൻ തവവൃത്തിയായി പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല സ്വയം ലജ്ജിതനായി മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരിതെല്ലാം നോക്കി നിൽക്കുകയാണ് താൻ നിഷ്പ്രഭനാകുന്നത് തൻ്റെ ശക്തി പൂർണമായും ചോർന്നു പോകുന്നത് മറ്റുള്ളവർ കാണുകയാണ് അതുകൊണ്ട് ലജ്ജിതനായി പിന്നീടൊന്നും ചോദിക്കാൻ തന്നില്ല ഞാരാണ് ഈ യക്ഷൻ ഞാരാണ് ഒന്നും ചോദിക്കാൻ നിന്നില്ല പിന്തിരിഞ്ഞു ഏത് ദശകം വിജ്ഞാതം യക്ഷമിതി എങ്ങനെയാണോ അഗ്നിദേവൻ ഒന്നും അറിയാതെ പിൻവാങ്ങിയത് അതുപോലെ വായുദേവനും ഇതൊന്നും അറിയാതെ പിൻവാങ്ങി തേഭ്യോ പ്രാദുർബൂ തന്നെ യക്ഷേ അനി അബ്രുവദ എക്ഷതിഥേതി തഭ്യദ്രവത് ഹമസ്മീതി അബ്രവീത്േദമസ് തസ്ംജമിതി അപീതം ദഹേയം പൃഥിവ്യമിതി തസ്മ തൃണം നിദധൌ ഹേതി തദുപ്രേയാജവേന തന്നാഗദം സ തതവ നിവവ്രൈതഗം വിജാ യക്ഷതി അഥവായുമബ്രുവാനീഹി കിതയക്ഷേ തധേതി തദ്ഭ്യദ്രവത് തമഭ്യവതോതി വായുർവാഹം അമീതി അബ്രവീത് മാതരിശ്വാഹമസ്മീതി തസ്ൻ ത്യം വീര്യമിതി അപീദം ആതീയ ഇതിദം പൃഥി തസ്മൈത്തദോ എന്താതി തദുപ്രേയാ തന്നാകാത്ത സ തതവ നിവവൃത്തെ ൈതദശസം വിജാ യക്ഷതി അഥ ഇന്ദ്രം അബ്രുവതദ്ധാനീതീതി തധേതി തദ്ഭ്യദ്രവത് തസ്മാതിരോധേ